ഈ ഖുർആാനിൽ മനുഷ്യർക്കു വേണ്ടി എല്ലാ ഉദാഹരണങ്ങളും നാം വിവരിച്ചിട്ടുണ്ട് എന്നാൽ നീ അവർക്കൊരു ദൃഷ്ടാന്തം കൊണ്ടുവന്നാൽ സത്യനിഷേധികൾ പറയും നിങ്ങൾ വ്യാജം പറയുന്നവർ മാത്രമാണ് എന്ന്